ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂപന്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രയേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു വംശാവലി ജ്യേഷ്ഠാവകാശപ്രകാരം എണ്ണുവാനുള്ളതല്ല യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു ജ്യേഷ്ഠാവകാശമോ യോസെഫിന് ലഭിച്ചു ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂപന്റെ പുത്രന്മാർ ഹാനോക് പല്ലു ഹെസ്റോൻ കർമി യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷമയ്യാവ് അവന്റെ മകൻ ഗോഗ് അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ മീഖ അവന്റെ മകൻ രയായാവ് അവന്റെ മകൻ ബാൽ അവന്റെ മകൻ ബയേര അവനെ അശൂർ രാജാവായ തിക്ളത് പിലേശ്വർ ബദ്ധനാക്കി കൊണ്ടുപോയി അവൻ രൂപേന്യരിൽ പ്രഭുവായിരുന്നു അവരുടെ വംശാവധി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലംകുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ യൽ സെഖരിയാവ് അരോവേലിൽ നെബോവും ബാൽമയോനും വരെ പാർത്ത അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു അവരുടെ കന്നുകാലികൾ ഗിലയാദ്ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു ശൌലിന്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു അവർ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവർ ഗിലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ച് പാർത്തു ഗാദിന്റെ പുത്രന്മാർ അവർക്കെതിരെ ബാഷാൻ ദേശത്ത് സൽക്കാവരെ പാർത്തു തലവനായ യോവേൽ രണ്ടാമനായ ഷാഫാം യനായി ബാഷാനിലെ ഷാഫാദ് അവരുടെ പിതൃർഭവനത്തിലെ സഹോദരന്മാർ മീഖായൽ മിഷുല്ലാം ഷേബ യോരായി യക്കാൻ സിയ ഏബർ ഇങ്ങനെ ഏഴുപേർ ഇവർ ഹൂരിയുടെ മകനായ അബീഹയിലിന്റെ പുത്രന്മാർ ഹൂരി യരോഹയുടെ മകൻ അവൻ ഗിലയാദിന്റെ മകൻ അവൻ മീഖായേലിന്റെ മകൻ അവൻ യശീഷയുടെ മകൻ അവൻ യഹദോവിന്റെ മകൻ അവൻ ബൂസിന്റെ മകൻ ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ മൃദഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിന്റെ കാലത്തും ഇസ്രയേൽ രാജാവായ യോരോബയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു രൂബും രും മനശിയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുപ്പാനും വില്ല കുലച്ച് എവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായ പടച്ചേവകർപത് അവർ ഹഗ്രിയരോടും യത്തൂർ നാഫീസ് നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവനവരുടെ പ്രാർത്ഥന കേട്ട് അരുളി അവൻ അമ്പതിനായിരം ഒട്ടകം രണ്ടു ആട് രണ്ടായിരം കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും ഒരു ലക്ഷം ആളുകളെയും പിടിച്ചുകൊണ്ട് പോയി യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു അവർ പ്രവാസകാലം വരെ അവർക്കു പകരം പാർത്തു മനുഷ്യയുടെ പാതിഗോത്രക്കാർ ദേശത്തു പാർത്തു ബാഷാൻ മുതൽ ബാൽഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു അവരുടെ പ്രതിർഭവനങ്ങളുടെ തലവന്മാരാവിത് എഫർ ഇഷി എലിയൽ അസ്ത്രീയൽ ഇരമ്യാവും കോദവിയാവ് യഹദിയേൽ ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ ഹൃദഭവനങ്ങൾക്ക് തലവന്മാരും ആയിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു ആകയാൽ ഇസ്രയേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ തിഗ്ല പിൽനേസറിന്റെയും മനസ്സ് ഉണർത്തി അവൻ രൂപേന്യരെയും ഗാദ്യരെയും മനഷയുടെ പാതിഗോത്രത്തെയും പിടിച്ച് അലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു